ഓരോ സമുദായത്തിലും അവരിൽ നിന്നു തന്നെ ഒരു സാക്ഷിയെ നാം ഉയർത്തെഴുന്നേൽപ്പിക്കും ഇവരുടെ മേൽ സാക്ഷിയായി നാം നിന്നെയും കൊണ്ടുവരും എല്ലാ കാര്യങ്ങൾക്കും വിശദീകരണമായും മാർഗദർശനമായും കാരുണ്യമായും മുസ്ലിംകൾക്ക് സന്തോഷവാർത്തയായും നാം നിനക്ക് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചു